മഹാരാജാവിന് വെറുതെ വിടേണ്ടി വന്നു വെറുതെ വിട്ടുവെന്നല്ല യാചമാനായ എന്തെങ്കിലും കഴിഞ്ഞുകൂടാൻ തരണം എന്ന് പ്രാർത്ഥിച്ചപ്പോൾ മൂന്നാല് സ്ഥാനങ്ങൾ കലിക്ക് പ്രത്യേകമായിട്ട് പതിച്ചു കൊടുത്തു ദ്യൂതം ബാനം സ്ത്രീയ സൂനാഹ ഇങ്ങനെ കാശുവെച്ച് കളി മധ്യശാലകള് അറവുശാലകൾ വേശ്യാലയങ്ങൾ ഇവിടെയൊക്കെ കലിയുടെ സ്ഥാനങ്ങളായിട്ട് പരീക്ഷിത് അനുവദിച്ചു കൊടുത്തു പുനശ്ചയാജമാനായ പിന്നെയും കലിക്ക് സംതൃപ്തി വരാഞ്ഞപ്പോഴാണ് ദാ ധനം ഉണ്ടെങ്കിൽ ആണല്ലോ കാശ് വെച്ചുള്ള വരയാ വരിക ഇങ്ങനെ പണത്തിൻ്റെ കൂടി സഹായമുണ്ടെങ്കിലേ ഈ കലി ധർമ്മങ്ങൾ പ്രാവർത്തികമാകൂ കലി യാചിച്ചപ്പോൾ അതും പരീക്ഷിത് കൊടുത്തു എന്തേ പരീക്ഷിത് ഇങ്ങനെയൊക്കെ ചെയ്തത് അസ്ഥിഹേകോ മഹാൻ ഗുണ ഈ യുഗപുരുഷന് കലിയൊരു യുഗപുരുഷനാണ് യുഗപുരുഷനെ താനായിട്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് അദ്ദേഹം കണ്ടു മറ്റൊന്ന് ഈ യുഗപുരുഷൻ്റെ തേറവാഴ്ച കാലത്തും മനുഷ്യന് എന്തോ ഒരു മഹാസൗഭാഗ്യം കൈവരാൻ പോകുന്നുണ്ട് കലൗ തൽ ഹരികീർത്തനാൽ ഹൃദയധ്യായതോ വിഷ്ണു ത്രേതായാം യജതോ മഖൈഹി ദ്വാപരേ പരിശരിയായാം കലൗ തത് ഹരി കീർത്തനാൽ ഈ കലിയുടെ വാഴ്ചക്കാലത്ത് കലികന്മേഷങ്ങളിൽ നിന്ന് അല്പം ഒന്ന് മോചനം നേടി ഒരിടത്തിരുന്ന് ഭഗവാന്റെ ശ്രീപാദം ധ്യാനിച്ചുകൊണ്ട് അവിടുത്തെ ലീലകൾ അനുസ്മരിച്ചു കൊണ്ട് മാമങ്ങൾ പാടുകയോ അവിടുത്തെ ലീലകൾ കീർത്തിക്കുകയോ ചെയ്താൽ എല്ലാവിധ പാപങ്ങളിൽ നിന്നും മുക്കി പരമാനന്ദ രസം ആസ്വദിക്കാൻ അവർക്ക് സാധിക്കും ഇങ്ങനെയൊരു പ്രത്യേക സൗകര്യം കലിയുഗത്തിലുണ്ട് എന്നത് കാരണമാണ് കുന്താനം യുഗങ്ങളിൽ വെച്ച് നലു കലിയുഗം യുഗങ്ങളിൽ വെച്ച ഏറ്റവും നല്ല യുഗം എന്ന് പറയേണ്ടത് കലിയുഗത്തെയാണെന്ന് പക്ഷെ ഒരുപാട് നാരായണീയത്തിലും മറ്റു യുഗങ്ങളെയൊന്നും ഇത്രേ ജയ് സ്വീകരിച്ചില്ല സ്വയം കാലേയകാലോ ജയതീ തോ കലിയുഗത്തിന് കി ജയ് എന്ന് വിളിച്ചു കാരണം കലിയുഗത്തിൽ എളുപ്പത്തിൽ മനസ്സ് മനസ്സിനൊരാവേശമുണ്ട് അത് പൊതുവേ അധർമ്മത്തിനോടാണ് ആവേശമെങ്കിലും അത് ഈശ്വരങ്കിലേക്ക് ധർമ്മദേവതയിലേക്ക് മനസ്സ് ഒന്നും തിരിഞ്ഞു കിട്ടിയാൽ പിന്നെ ജയിച്ചു പിന്നെ അങ്ങനെ ആവേശത്തോടു കൂടി ആവേശം സ്വതവേ അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്നിരുന്നാൽ പോലും ഭഗവാൻഗലേക്ക് മനസ്സ് ആവേശിക്കുക തൊയ് അച്യുത ആവിശതി ചിത്തം അപത്രപമ്മേ എന്ന് രുഗ്മണീദേവി പറയുന്നത് പോലെ മനസ്സ് ഭഗവാൻഗലേക്ക് ആവേശിച്ചു എന്ന് മാത്രല്ല ഭഗവാൻ എന്ന നയിക്കുമായിട്ട് അത് സമർപ്പിക്കുകയും ചെയ്തു അപ്പൊ ഇനി വിഹോ ഇനി മനസ്സിനെ കൊണ്ട് നടക്കേണ്ടത് ഭഗവാനാണ് എന്ന ആ ഉത്തമ ബോധ്യം വന്ന ആളുകൾക്ക് പിന്നെ മനസ്സിന് ചാഞ്ചല്യങ്ങൾ ഉണ്ടാവില്ല മനോമായി അർപ്പിതം സ്ഥിരം ഇങ്ങനൊരു മെച്ചം കലിക്കുണ്ട് എന്ന് കണ്ടിട്ടാണ് പരീക്ഷിത് കലിയെ നിഗ്രഹിക്കാതെ വിട്ടത് പക്ഷേ കലിയുടെ ഒരു സമ്പ്രദായം സജനങ്ങളുടെ സമ്പ്രദായവും കലിയുടെ സമ്പ്രദായവും എന്താണെന്ന് ഈ രണ്ടു പേരുടെ പ്രവൃത്തികളിൽ നിന്ന് നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ പരീക്ഷിത് ധർമ്മത്തെയും തന്നെയും തൻ്റെ നശിപ്പിക്കാൻ ശ്രമിച്ച കലിക്ക് പോലും അഭയം നൽകി ജീവിക്കാൻ അനുവദിച്ചു ലിവ് ആൻഡ് ലെറ്റ് ലിവ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു നയം പക്ഷേ കലി അങ്ങനെയല്ല തകർക്കുക എന്നെ നശിപ്പിക്കുക തന്നെ നശിപ്പിക്കുക തന്നെ ഏതു തരത്തിലും മറ്റവനെ വെട്ടി നശിപ്പിക്കുക കൊല്ലുക ഇതാണ് കലിയുടെ ഒരു അക്രമവാസനയാണ് കലിക്ക് ഉള്ളത് കലി തന്നെ ജീവൻ നൽകി രക്ഷിച്ച പരീക്ഷത്തിനെ തരം കിട്ടിയപ്പോൾ കടന്നാക്രമിച്ചു ഒരു ആശ്രമത്തിലൂടെ സഞ്ചരിക്കുന്നതിനിടയ്ക്ക് അല്പം ദാഹം തോന്നി അവിടെ ചെന്ന് ദാഹജലം ചോദിച്ച സമയത്ത് വെള്ളം കിട്ടിയില്ല എന്നല്ല മഹർഷീശ്വരൻ തന്നെ കണ്ട ഭാവം പോലുമില്ല ഇതൊരു തപസ്സാണോ അതോ ആ ഹോസ്സിൽ വെറുതെ കണ്ണടച്ചിരിക്കുകയാണോ അത് കലിയുടെ പ്രേരണയാണത് എന്നല്ല തൻ്റെ കയ്യിലുള്ള വില്ലിൻ്റെ അറ്റം കൊണ്ട് അവിടെ എവിടെയോ ചത്ത് മലച്ചു കിടന്നിരുന്നൊരു പാമ്പിനെ തോണ്ടിയെടുത്ത് ഇദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ചുറ്റുകയും ഇതൊക്കെ ആവശ്യമുണ്ടോ ദാഹം തീരാൻ ഇത് വല്ലതും സഹായിക്കുമോ ഇതാണ് കലി മനസ്സിനെ ബാധിച്ചാൽ പിന്നെ ശരിയായ നമ്മുടെ പ്രവൃത്തിയുടെ ലക്ഷ്യം എന്ത് അത് മറന്നുപോകും തനിക്ക് ബാധിച്ച ദുഃഖങ്ങളിൽ നിന്ന് മുക്തി കിട്ടാൻ എന്താ മാർഗം എന്നുള്ള കാര്യം പോലും കലിബാധയിൽ മനുഷ്യൻ മറന്നുപോകും പക്ഷേ ആ ഈശ്വര വിസ്മൃതി ഈ വിസ്മൃതിയാണ് മരണം മൃത്യുഹോ അത്യന്ത വിസ്മൃതി ഈശ്വരനെ മറക്കലാണ് മരണം എന്ന് സജനങ്ങൾക്ക് അഭിപ്രായമുണ്ട് നേരെ മറിച്ച് ഈശ്വരസ്മരണയാണ് ജീവിതമെന്നും അവർക്ക് അഭിപ്രായമുണ്ട് പ്രത്യേകിച്ച് മനുഷ്യജീവിതത്തിൻ്റെ പരിപൂർണമായ സാഫല്യം ഈശ്വരസ്മരണയിലൂടെ മാത്രമേ നേടാൻ സാധിക്കൂ പരീക്ഷിത് താൻ എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന് ഒട്ടും പരിഭ്രമല്ല ഉണ്ടായത് അഹം തരിഷ്യാമീ ദുരന്തപാരം തമോ ശിഷ്ടജീവിതം ഭഗവാന് വേണ്ടി മാത്രം അദ്ദേഹം സമർപ്പിച്ചു രാജ്യവും ഒക്കെ ഉപേക്ഷിച്ച് ഗംഗാനദിയിൽ കുളിച്ച് ഇതാ ഗംഗാപ്രവാഹം പോലെ മനസ്സും ഭഗവാൻകലേക്ക് ആനന്ദ സമുദ്രത്തിലേക്ക് ഇങ്ങനെ ഒഴുകുമാറ് അദ്ദേഹം ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴേക്കും രാജ ഋഷി ദേവ ഋഷി ബ്രഹ്മ ഋഷി ഒരു തപസ്വിയുടെ മകൻ കുഞ്ഞി രണ്ട് കൈകളാണ് ഇദ്ദേഹത്തിൻ്റെ ശാപത്തിനുവേണ്ടി ഉയർന്നതെങ്കിൽ ആയിരമായിരം ദേവ ഋഷിമാരുടെ ആയിരമായിരം രാജ ഋഷിമാരുടെ ആയിരമായിരം ബ്രഹ്മ ഋഷിമാരുടെ കൈകൾ ഇതാ പരീക്ഷത്തിനെ അനുഗ്രഹിക്കാനായിട്ട് ഉയരുന്നു പക്ഷേ അവരോടൊക്കെ പരീക്ഷത്തിന് ഒരു ചെറിയ വരം മാത്രമേ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ അലം ഗായതാ വിഷ്ണുഗാഥ വേറെ ഒന്നും അദ്ദേഹത്തിന് ഇനി ജീവിതത്തിൽ ആഗ്രഹമില്ല പക്ഷേ ഇദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രായശ്ചിത്തം ചെയ്യിച്ചിട്ടാകാം ഭഗവത് നാമഞ്ചപവും അല്ലെങ്കിൽ ഭഗവൽ കഥകൾ പാടലും എന്നൊക്കെ അവരിങ്ങനെ സംശയിച്ചു നിൽക്കുമ്പോഴേക്കും തത്രാഭവൽ ഭഗവാൻ സാക്ഷാത് ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ ശ്രീശുഖ ബ്രഹ്മർഷിയുടെ രൂപത്തിൽ അവിടെ പറന്നു വന്നു ശ്രീശുഖ ബ്രഹ്മഷിയെ സ്വീകരിച്ചിരുത്തി തൻ്റെ കാര്യം അല്ല ഏഴാം നാൾ ഞാൻ തഷകം കടിച്ചു മരിക്കുന്നൊക്കെ ഒരു ശാപം കിട്ടിയിട്ടുണ്ട് ഈ ശാപമുക്രിക്ക് അല്ല അവിടുത്തെ അനുഗ്രഹം വേണം അതൊന്നും അല്ല പറഞ്ഞത് താൻ മാത്രമല്ല പ്രപഞ്ചത്തിലെ ജീവരാശികളെല്ലാം സർവത സർവത മരണത്തിൻ്റെ അടുക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മൃഗമാണസ്യ സർവഥ എൽ കാര്യം അനുനിമിഷം മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ യ ശ്രോതവ്യം അഥോജപ്യം കർത്തവ്യം എൽ സ്മർത്തവ്യം എൽ ഭജനീയം ആരെയാണ് ആശ്രയിക്കേണ്ടത് ആരെയാണ് പൂജിക്കേണ്ടത് ആരെയാണ് ഭജിക്കേണ്ടത് ആരെയാണ് കീർത്തിക്കേണ്ടത് ആരെയാണ് കേൾക്കേണ്ടത് ആരെയാണ് സ്മരിക്കേണ്ടത് ഈ ചോദ്യങ്ങൾക്ക് ശ്രീശുഖ ബ്രഹ്മർഷി പുഞ്ചിരി തൂകിക്കൊണ്ട് മറുപടി പറഞ്ഞു മരിയാൻ ഏഷതയെ പ്രശ്നം എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ഒരു വാക്കിൽ ഉൾപ്പെടുത്താം ശ്രീഹരിയെ സ്മരിക്കേണ്ടത് ശ്രീഹരിയെ ആരാധിക്കേണ്ടത് ശ്രീഹരിയെ പൂജിക്കേണ്ടത് ശ്രീഹരിയെ കീർത്തിക്കേണ്ടത് ശ്രീഹരിയെ കേൾക്കേണ്ടത് ശ്രീഹരിയെ ഈ രീതിയിലാണ് ശ്രീശുഖ ബ്രഹ്മർഷി അങ്ങയുടെ അതിന് ഉള്ള ഉത്തരം നന്നാവാൻ സോലം കൃഷിയിഷ്ട ഭഗവാൻ വചാംസിമേ ഭഗവാൻ ഈയുള്ളവൻ്റെ വാക്കുകളിൽ അവതരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ശേഷക ബ്രഹ്മർഷി മറുപടി പറയുന്നു ശ്രോതവ്യപ്പോതവ്യംസഹസ അവശ്യരാം ആത്മതൃത്വംയാടുംബണേനേഹിഷു ആത്മസൈന്യേഷ സഹസ്രി തേരാം പ്രമത്തോദനം പശ്യ പശ്യതി തസ്മാൽ ഭാരത സർവാത്മാഭവാൻ ഈശ്വരോഹരിോതകീർവ്യ് സ്മർത്തശേക്ഷച്ഛച്ഛച്ഛച്ഛച്ഛലാഭയം എന്ത്യോഭ്യം പരിഷ്ടഭ പര പുംസാവേ നാരായണസ്മതി പ്രായ നമുന യുരാജൻ നിമൃത്തൈഗുണ്ഥലമന്മ നൈർഗുണ്യസ്തമന്തികഥനേഹരേ ഇതം ഭാഗവതം നമ പുരാണം ബ്രഹ്മസംവിധം അധീതവാന് അപരാതൗ വൈവായനാഥകരി ഉത്തമ ശ്ലോകലീലയാതശ്രേ ആഖ്യാനം യധീതവൻ തദഹന് പദസ്യാമി മഹാപൗരുഷി യോഗം യുദ്ധസാമാശു സാൻമുന്ദേ മതിസതി ഏതും നിർവിദ്യമാനം ഇച്ഛരാമകോ വയ യോഗ്യരാ നിർണീതം ഹരേന്ദനം ംക്ഷയംസ്ത്രേണേരി ശ്രീരാജ ഉപാച യഥാധാര്യ ബ്രഹ്മൻശോ പുരുഷനോ ശേഷം ആണ് സപ്താവണ സംശോയോ ഭഗവാൻ ധാരണശ്രയ പാതേജസ്വദേ സഹാദം ൂത്രമുഷ ശബ്ദോക്തിരമുൽ പക്ഷമാണേ വിഷ്ണൂരഹ ഉപേജ നത്രു വിജംബ പരമേഷ്ട ദൃഷ്ണം ആബോസ തലൂര സേവതി കുവാ ചന്ദാം സനന്ദ സജയോഗനം ദി ജംഷ്ട്രായ വസഹകലാതു ജാനി ഹാസോ ജനോന്മാദകരീരമായ വിരന്ദർക്കോയ രംഗമോക്ഷം വൃീഡ് വൃീഡ് ഉതരോഷ്ഠാ ഓഷ്ഠോവതലയേവ രോഭോ ധർമസ്ഥരോ ധർമവതോ സമഷ്ടം കഷ്ടസ്യമേട്രം ഷ്ണമുജ്യ പിത്രോ කුക്ഷി സമുദ്ര ഗരേയോസ്തി സംഗാ നർദ്യോശന അടിയോശന ഊരുഹാണി മഹീരഹാ വിശ്വതരമനേ വേദ അനന്തവീര സ്വസദം മാദനി സ്വാഗദവയാ കർമഗുണപ്രവാഹ ഈശസ് തേകേശർമിദ അബ്ബവാഹനം ആസസസ ദിയാം ഗുരവേദ്യ ഭൂമനാ അവ്യക്തമാഹു ഹൃദയമനസ്സാ ചന്ദ്രമാ സർവവികാരേ ഓഷാ വിജ്ഞാനശക്തിമഹിമാമനം ദി സർവാത്മനോന്ത കാരണാംഗി ദിത്രം അശ്വാശദൃഷ്ടകജാതഹാരി സർവേബഗാ പശവസ്ത്രോണി ദേശേ വയാംസി തദ് വ്യാകരണം ചിത്രമനൽ മരീഷാനയോധി വാസ യന്തർവ വിദ്യാസരചാരണാപ്സര സരസ് ക്ഷിത ുഷ്ടസർത് മോഘദ ദൃഷ്ടി ബുദ്ധി ശാബ്രഹ്മണേന്ധായ്മയാത്ര യാമയേ വാസനയാർമ സുയാവർദ്ദ പ്രമത്യഥ സിതോകീം കശിപോ പ്രയാസേ ബാഹൂർ സത്യാഞ്ജലോകാത്രിസം ദുഗുളേ ചീരാണിംക്ഷം നൈവാങ്ക്രഭസ്ഥോപ്യശുഷ്യൻ രുദ്ധാഗുഹിമചിതോധനോപന്ന കമാൽ ഭജന്തിൻ്റെ സ്വദേവ സിദ്ധ ആത്മാർത്ഥോ ഭഗവാൻ ം നിർഭജങ്ക പ്രസന്ന വക്രം നളിനുംദംബകഞ്ചൽവാസദം സ്ഫുരൻ മഹാരത്ന കിരീടകുണ്ടിഗ്രഹിൽ പങ്കജ കർണിരോഗസ്ഥാപിതം ശ്രീ ലക്ഷ്മണം കൗസ്തുഭരത്നഗന്ധനം മംാനലക്ഷ്മിയാവനമാലയാജിതം വിഭൂഷിതം മേഖലയാംഗുലിയാധനൈർ നൂപുര കങ്കണാതിനിഗ്ധാമലാകുഞ്ചിത നീലകുന്തളൈർ വിരോജമാനാനാസപേശലം അധീന ലീലാഹസിണോലൂഭസൂചിതൂരി അനുഗ്രഹം ഈ ക്ഷേത്ര ചിന്താമയമേനമീശ്വരം യാവൻ മനോധാരയ ധാരണയാവതിഷ്ട ഏകൈകോംഗാധിയോ ധിയുഭാവയേൽ പാദിയാവധസിൽ പരംപരം ശുദ്ധിതിഥാത പരാവരെ അസ്ൻ വിശ്വേശ്വര്യ തിരിഷ്ടരി ഭക്തിയോ താവത് तेरम सुखं यासनमाशिदो एतिरियादाजिहा सूर्यमंगलोगम कालेचदेशेजे मनो न सज्जयेत् प्राणान्नीयचैन मनसाजिदासो मनसबुध्यामलया नियम्य क्षेत्रज्ञे एदां निनेयत्तम आत्मनि आत्मनां आत्मन्ने अवरुद्धधीरो लब्धो बजांदिर विरे भेदकृत्याल नयत्र कालो निमिषां भर प्रभूकु दोनु देवा जगदाम्ये ईशरे नयत्र शब्दं रजस्तमश्च आनवये विर विकारो न महान प्रदानम परमबदन वैश्वमावने परमबदन वैश्ववमावनान्दिदद्य नेदी नेदीते ൃദ്യപ്യം ധിയാമൂലം നിരുദ്ധ സിനോനപേക്ഷ സ്ഥിത് സ്ഥിത് മുഹൂർത്താർത്ഥമകുണ്ഠദദൃഷ്ടേ നിർഭമൂർ വ്യസജയൽ പരം ഗതാ യയാത്രോ പാരമേശം വൈഹായ സാമുദയത് വിഹാരം അഷ്ടാധിപത്യം ഗുണസന്യേ സഹൈവൻമാരം തദ്ശ്യം നമസ്കൃതം ബ്രഹ്മവിധാൽ മഹാനലയന ദന്തം സ നിരീക്ഷ വിശ്വം നിര്യാതി സിദ്ദേശുഷ്ടം നിര്യാതിരജുഭവാംസ്തേനാൽമൂർത്തിരത്വരൻ ജ്യോതിർമയോ വായു മുപേദ്യായു ആത്മനാഖം ബൃഹദാൽമലിംഗം ഘാണേന ഗന്ധം രസനേന വൈരസംരുപം ദൃഷ്ടം നമോ ഗുണത്വം പ്രാണേന ജാഗൂതി യോഗി സഭൂതസൂക്ഷ്മേന്ദ്രി സനോമയം വികാര്യം സംസാധ്യാ ഗുണസന്ധം ത്യാഭി പൃഷ്ടേ സനതനേന ത്രയാഹ സനതൈ പുരാബ്രഹ്മ ആരാധിതോ ഭഗവാൻ വാസുദേവ നശിവ പന്ധ സംസൃത ഭക്തിയോ യോ ഭവത്ഭഗവാൻ ബ്രഹ്മ കാശ്ന ത്രീരന്വീക്ഷ മനീഷയാ ൂടസ്ഥോധ്യവസ്യൂടസ്വാൽമനുദ്ധ്യാദിർമാപകാരാജന്വ്യ കീർത്തിവശാസ്മർത്തവോ ഭഗവാദി യേ ഭഗവതാൽപനസാം കഥാമൃതം ശ്രവണപുടേേഷനന്തി വിദൂഷിതാശയം വ്രജന്തിഹാന്തികം ശ്രീമദ്ഭാഗവത ഗോവിന്ദമ സങ്കീർണവർ ഗോവിന്ദ ഗോവിന്ദ അമേദൻ ഏകദന്തപ്രസ്ഥവാണ്യധവാൻവമായ എന്ന നാമമേൽമറിയമാണാനമനിഷേષമനിഷേണ ബ്രഹ്മവർചതകാമസ്തുഏതേദബ്രഹ്മണസ്പതിമിന്ദ്രമിന്ദ്രഗാമസ്തുപ്രജാഗാമപ്രജാപതിദേവീമായാംദുശ്രേഗാമതേജസ്കാമോവിഭാവസംവസുകാമോവസുൻരുദ്രാൻവീരഗാമോധവീര്യവാൻ അന്നാദ്യഗാമസ്വാദിദിൻസ്വർഗ്ഗഗാമോദിദേസുദാൻവിശ്വാൻദേവാൻരാജഗാമസ്സാത്യൻസംസാദകോവിഷാംอายุഷ്മാആയുഷ്കാമോശ്ശിനോദേവോപുഷ്ടഗാമൈlambdaejൽപ്രതിഷ്ഠാഗാമപുരുഷോരോധിലോകമാദരോരൂബാവിരൂബാവിഗാമോഗന്ധർവാൻശ്രീഗാമോഅപ്സരഉർവശിമാദിവത്യഗാമസർവേഷാം പരമേഷിരം യജ്ഞം വ്യജയത യശസ് കാമഘോഷ കാമ പ്രചേത സംവിദ്യമസ്തു ഗിരിചന്ദംബ ഉമാം സർ ഉത്തമ ശ്ലോകം തന്തു ധർമാർ ഉത്തമശ്ലോകം തന്തും തന്ത്രൃം യജേൽ രക്ഷാ കാ പുണ്യജനോസ്കാമോ മരുഗണാൻ രാജ്യകാമോ മനുന്ദേവാൻ നിർത്തിന് സോമം കാമ പുരുഷംബരം അഗാമ സർവമോക്ഷമ ഉദാരധി തീവ്രേണഭക്തിയോ യജേത പുരുഷംബരം യജതമിഹ നിശ്രേയസോദയാ ഭഗവത്യജലോ ഭാവോ യൽ ഭാഗവതസംഗത യഥാതിനിവൃത്ത ഗുണോർമചക്രമാത്മപ്രസ ഉദയത്ര ഗുണേശ കൈവല്യസംതക്തിയോ कईवल्यसंतवधस्वथ भक्तिग ീഡനകേ കീഡൻ വൈയാസി ഭഗവാൻ വാസുദേവരാഗമേ ആയുർഹരും ീത ശ്ലോകം പട്ടകിരീടുമാം അപ്യുത്തമാം ഗോ രാണം വിഷ്ണോർണീക്ഷതോ യേ പാദോ നൃണാന്തൗ ദ്രുമജന്മ ഭാര്യോ ക്ഷേത്രോ ഭാഗവതാങ്ഹ്രിരേണും ജാതുമർദയസ്തു ശ്രീവിഷ്ണുപദ് മനുജസ്തുളസവോ ശ്വസംശവോ യു വേദഗന്ധം താരം ഹൃദയം ഗാത്രരുഹേഷധേ്യമനോനൂലം പ്രഭാഷത്തെ ഭാഗവത പ്രധാന വൈയാസി ഗിരാത്മവിദ്യശാരദോ നൃപതിഷ്ട ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമംശം ശ്രീസുഹൃത ഉച വൈയാസഗേരി നിവച തൊട്ടനിശ്ചയമാത്മന ഉപാര്യമതി സമീചീനം വചോ ബ്രഹ്മൻ സർവ്വ തവാനഖാ തമോ വിശീര്യത മഹ്യം ഹരേ കഥയതൂയൽ ഭഗവാൻ ആത്മമായയാഥേദം സൃജത വിശ്വം ദുർവിഭാവ്യമധീശ്വരൈ യഥോയതി വിഭുരിയഥ സംയക്ഷത പുനഃ യാം യാം ശക്തിമുശ്രിത് പുരുശക്തി പര പുൻ ആത്മാനം കീഡയൻ കീഡൻ കോതി വിഹരോതി നൂനം ഭഗവതോ ബ്രഹ്മൻ ഹരേരദ്ഭുതകർമ്മ ദുർവിഭാവ്യമാതികവിചേതം യഥാസ്തു പ്രകൃതൈര്യുഗൽക്കമശോ ബിഭർത്തി ഭൂരിശസ്വേകു കർമാണി ജന്മഭ വിചിഗിൽതന്മേ ബ്രവീദു ഭഗവാൻ യഥാബ് ബ്രഹ്മണി നിഷ പരസ്മീശ് ഭവാൻ ഖലു ശ്രീസൂതൗ ആചുപമന്ത്രിതോ രാജ ഗുണാനുകഥനെ ഹരേ കൃഷി കെശമനുസ്മൃ പ്രതിവക് പ്രചക്രമേ ശ്രീശുഗൗവാച നമ പരസ്മൈ പുരുഷായ ഭൂയസേ സദുദ്ഭവസ്ഥാന നിരോധലീലയാൃഹീതശക്തിയാഹി നമന്തർഭവാലക്ഷ്യ വർമനി ഭൂയോ നമ സത്മൃതി നക്ഷി സതാമസംഭവായലസത്വമൂർത്തേ പുംസാം പുനഃ പാരമഹംസ്യ ആശ്രമേ വ്യവസ്ഥിതാനൃഗ്യദാശുഷേ നമോ നമസ്തേ സ്പൃശഭം വിദൂരകാഷാ മുഹു കുയോ നിരസ്താമ്യാതിശയ രാധസാസ്വധാമനി ബ്രഹ്മ നിരംസ്യതേ നമ യൽക്കീർത്തൽ സ്മരണയീക്ഷണം യുവദനൈ യവണൈ യദർഹണം ലോകസദ്യോ വിധുനോധി കന്മഷം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമ വിചക്ഷണോപാദന യുദ്ധോഭയദോന്തരാത്മന വിദന്തി ബ്രഹ്മഗതി തസ്മൈ സുഭദ്രശ്രവസേ നമോ നമ തപസ്വിനോ ദാനപരാ യശസ്വിനോ മനസ്വിനോ മന്ത്രവിദ സു മംഗളക്ഷേമം നവിന്ദി വിനായതർപ്പണം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമ കിരാതഹോണാന്ധ്രപുളിന്ദപുൽക്കാ ീര ഗംഗാ ഖസാ യേ ചാബാ യവാശ്രയാശ്രയാസ്മൈ പ്രഭവിഷ്ണവേ നമ സേത്മാമീഷ് സേത്മാത്മവധീശ്വര സ്ത്രീമയോ ധർമ്മമയസ്തോമയ ഗതവ്യളീഗൈരജശങ്കരാതിർക്കിംഗോ ഭഗവാൻ പ്രസീദതം ശ്രിയ്പതിയജ്ഞപതി പ്രജാപതിർ പതിർലകതി ധരാപതി പതിർഗതിശാന്ധകൃഷ്ണി സാത്വം പ്രസീദതാം മീ ഭഗവാൻ സതാഗതി യംഗ്രധ്യനസമാധിദയാധി ആശയ തദന്തി ചൈതൽക്കവയോ യഥാരുുചം സമയ മുോ ഭഗവാൻ പ്രസീദതം പ്രചോദിത പുരാ സരസ്വതീ വിതന്വതാസം സ്മൃതിം ഹൃദി സ്വലക്ഷണ പ്രാദുരഭൂൽക്കി ല സമേ ഋഷീണമൃഷഭ പ്രസീദതം ൂതയർമൽ പുരോർ നിർമാദമൂഷു പൂരുഷ ഭു ഗുണാന് ഷോഡശോത്മക സോലംഘൃശീഷ്ടഗവാ നമസ്തൈ ഭഗവതൈസാമിത തേജസേ പപുർജ്ഞാനമയം സൗമ്യ എന്മുഖാബുരുഹാസവം എതദേവാത്മഭൂരാജൻ നാരദായവൃത് വേദഗർഭോഭ്യതാൽ സാക്ഷാൽ യഥാഹരിരാത്മന ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംതാ സ്കന്ധേ ചതുർ അധ്യയസത്ര ഗോവിന്ദനാമസങ്കീർത്തോവിന്ദ ഗോവിന്ദം ഇപ്പം ഇവിടെ സമർപ്പിക്കുകയാണ് രണ്ടു മണിക്ക് രണ്ടു മണിക്ക് തുടരാം ധാരമണമുകുന്ദരാരേ ശരണം മേ തവ ചരണയുഗം പവന പുരേശാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദീ മഹേശ്വരി പാർവതി ശംകരി ശരണം മേ തവ ചരണയുഗം സാബ സദാശിവ ശംഭോ ശങ്കര േ തരണയുഗം ശയുഗം ശരണയുഗം ഹണ ഹേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹേ ഹരേ ഹരേ രാമ ായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ ഗോവിന്ദനാമസീർത്തോവിന്ദ ഗോവിന്ദ പീതാബരം കരവിരാജിതചക്ശംഖ കൗമോദയീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദവാതേശം അനിശം ഹൃദി ഭാവയാമി ശ്രീഗുരുവായുരപ്പ ശരണം കഥമയീം ഭാഗവതം ഹരിത ചരിതൈസ്തൃതീയഥമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദ അച്യുതമാരുതേശ്രീകൃഷ്ണർപ്പണമസ്തു श्री ഉച മസ്തേസ്തൂ ഭൂതഭാവന പൂർവജ തദ്ീഹി യാനം ആത്മതശനം യദ്രൂപം യധിഷ്ടം യതസൃഷ്ടമിതം പ്രഭോ യൽ സംസ്ഥം യൽ പരം യം വദ തം ഹ്യേതൽ ഭവാൻ വേദ ഭൂതഭവ്യഭവൽ പ്രഭു കരാമലകസിതം തവ യുജ്ഞാനോ യധാരോ യൽ പരസ്വയാത്മക ഏകസ്രയസി ഭൂതൈരേവാത്മമായ ആത്മൻ ഭാവയ സേതാ പരാഭാവയൻ സ്വയം ആത്മശക്തിമവഷ്ടൌർണിരിവാക്ലമാഹം വേദപരം ഹ്യസ് പരം സമം വിഭോ മാമരുപഗുണൈർഭാവ്യം സദസൽക്കിച്ച് അന്യ സഭവാനചരൽ ഘോരം യവസ്സു സമാര തേന ഖേദയസേനം പരാശങ്കം പ്രയച്ഛസിതന്മേ പൃച്ഛതകളേശ്വര വിജനീഹി യഥൈവേദമഹം ബുദ്ധേനുശാസിത ശ്രീ ബ്രഹ്മോവാച സമ്യക് കാരണികേദം വത്സദേ വിചിക്സിതം യഹം ചോദിത സൗമ്യ ഭഗവത് വീര്യദർശന നൃതം തവ തച്ചാ യഥാ പ്രബ്രവീഷിഭോ അവിടെയരമത്തോ സ്വോജിഷ വിശ്വം രോചിതം രോചയാമ്യഹം യഥാർത്ഥ്നിഥ സോമോ യഥർഷഗ്രഹതാരക തസ്മൈ നമോ ഭഗവതേ വാസുദേവാീമെ യന്മായാ ദുർജ മാം ബ്രുവന്തി ജഗദ്ഗുരു വിലജ്യമാനയാ മീക്ഷാ പേ മുയാ വിമോഹിത വികഥം തേമമാഹമിതിയാവ്യം കർമ്മ ചാളശ്ച സ്വഭാവോ ജീവേവസുദേപ്പ ബ്രഹ്മ നോർത്ഥോസ് താരായണ പരാ വേദനഗയാണപരാണ പരാമണ പരോ യോഗോ നാരായണ പരം ായണ പരാഗതി താഭി ദ്രഷുരീശ് ഗൂഢസ്ഥിത്മന സൃജ്യം സൃജാമി സൃഷ്ടോഹം ഈക്ഷയവാഭിചോദരജസ്തമൈതി നിർഗുണയ ഗുണശ്രയ സ്ഥിതിസർഗനിധേഷു ഗൃഹീതമായയാ വിഭോ കാര്യകാരണകർത്തൃത്വ്യാന കിയാശ്രയാ ബധ്നന്ദി നിനം പുരുഷ സയേഷ ഭഗവാൻ ലിംഗൈ സ്ത്രീക്ഷയ സ്വലക്ഷിതം മമചേശ്വര കാലം കർമ്മ സ്വഭാവം ചയേശോമാവത്മന്യക്ഷയാ പ്രാതം വിഭുഭൂഷുരുവാദേ കാലുണവ്യതികര പരിണാമസ്വഭാവത കർമ്മണോ ജന്മ മഹത പുരുഷാധിഷ്ഠിത മഹതസ്തു വിർവാണ്രജ സോപൃംഹിതമ പ്രധാന സ്വഭവൽ ദ്രവ്യജ്ഞാന സോഹംകാര പ്രോക്തോ വികുവാൻ സമഭൂത്രിഥ വൈകാരിക സ്ഥൈജസാമസേതിയ